പ്രിയപ്പെട്ടവർ നമ്മൾ ഈ രാവിലെ മുതൽ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്താ നമ്മൾ കേട്ടത് ലേവിയ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത് ലേവിയ പുസ്തകം അതിൻ്റെ മൂന്നാമധ്യായം മൂന്നാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ദൈവം തന്നെ അരളി ചെയ്യുന്നു എന്താ നിങ്ങൾ യാഗം യാഗം കഴിക്കുമ്പോൾ എന്ത് വേണം യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ സൗരഭ്യവാസിനിയായ ദഹന ആക ഭോജനം മേധസ്സൊക്കെ ഈ യഹോവയ്ക്കുള്ളതാകുന്നു അതിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ ഒരു മേധസ്സ് അതിൻ്റെ ഗ്ലോറി അതിൻ്റെ മഹത്വം ഒന്നും നമ്മൾ എടുക്കരുത് അതെല്ലാം പൂർണ്ണമായിട്ട് ദൈവത്തിനുള്ളതാകുന്നു എന്നാണ് അവിടെ നമ്മൾ വായിച്ചത് ഇത് പഴയ നിയമത്തിലാണ് പഴയ നിയമത്തിൽ എന്ത് വേണം പഴയ നിയമത്തിൽ അവർ വരണം യാഗം കഴിക്കണം യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗം നമ്മൾ വായിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ രക്തം ഒരിടത്തൊഴിക്കണം അതിൻ്റെ മൂത്രപിണ്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവ മാറ്റണം എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് ദൈവത്തിന് ദഹനയാഗമായിട്ട് അർപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മളവിടെ കാണും അവിടെ അർപ്പിക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ അതിൻ്റെ മേധസ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞേച്ച് അത് കണ്ടു അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ഇതായിരിക്കണം എന്നും നമുക്കുള്ള ചട്ടം ഇതാ എന്താ ദൈവത്തിൻ്റെ ആ ദൈവത്തിനായിട്ട് നമ്മൾ അർപ്പിക്കുന്ന ആ മേധസ് മേധസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം അത് പൂർണ്ണമായിട്ട് അത് ദൈവത്തിന് തന്നെ ആയിരിക്കണം അതിൽ നിന്ന് നമുക്കായിട്ട് ഒരു ഭാഗം മാറ്റിവയ്ക്കരുത് എന്നാണ് നമ്മൾ കണ്ടത് ഇത് പഴയ നിയമത്തിലെ യാഗം കഴിക്കുന്ന കാര്യമാണ് അതിന് നമ്മളുമായിട്ടെന്താ ബന്ധം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ തന്നെ നമുക്കറിയാം ആദ്യമായിട്ട് ദൈവത്തിന് യാഗം കഴിച്ച ആൾ നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ഹാബേലാണ് ദൈവത്തിനായിട്ട് ആദ്യമായിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു യാഗം കഴിച്ചത് ആ യാഗം കഴിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ ഹാബേലിന് ഈ കാര്യത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നതുപോലെ താൻ അവിടെ പെരുമാറുന്നു അന്ന് ഈ ചട്ടം കൊടുത്തിട്ടില്ല പക്ഷേ ഹാബേൽ എന്താ ചെയ്യുന്നത് അതിൻ്റെ നാലിൻ്റെ നാലാമത്തെ വാക്യം നോക്കുക ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു ഹാബേല് താൻ ആ മേധസ് അത് പൂർണമായിട്ട് ദൈവത്തിനായിട്ട് അർപ്പിച്ചു അത് ഒരിക്കലായിട്ടായിരുന്നോ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ ഹാബേല് ആകെപ്പാടെ ഒരു യാഗമേ കഴിച്ചിട്ടുള്ളൂ എന്നാ നമ്മൾ വിചാരിക്കുക പക്ഷേ നമ്മൾ വാക്യത്തെ വാക്യത്തോടെ താരതമ്യം ചെയ്യുമ്പോൾ എബ്രായർക്കെതിലേനം പതിനൊന്നാം അധ്യായത്തിലാണല്ലോ വിശ്വാസവീരന്മാരെക്കുറിച്ച് പറഞ്ഞു വരുന്ന അധ്യായം ആ അധ്യായത്തിൽ എബ്രായർ പതിനൊന്നിൽ ആദ്യം വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന് പറയുന്ന പതിനൊന്നിൻ്റെ നാലാമത്തെ വാക്യം ആ വാക്യത്തിൽ ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു അതിൻ്റെ ഒടുവിലായിട്ട് വരുമ്പോൾ അവൻ്റെ വഴിപാടിന് വഴിപാടിന് മലയാളത്തിലത് വഴിപാട് എന്നൊരു സിംഗുലറിലാണ് പറഞ്ഞേക്കുന്നത് ഏകവചനത്തിലാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പം ഗിഫ്റ്റ്സ് വഴിപാട് വഴിപാടുകൾ എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്താ ചിന്തിക്കാൻ നോക്കുന്നത് നമുക്കുള്ള ആകെപ്പാടെ വിചാരിച്ചു ആബേൽ ആകെപ്പാടെ ഒരു യാഗമേ കഴിച്ചിട്ടുള്ളൂ പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിനായിട്ട് യാഗങ്ങൾ കഴിക്കുന്ന ഒരുവനായിരുന്നു ഒരുവനായിരുന്നു അങ്ങനെയുള്ള ആ അതിൻ്റെ ഭാഗമായി ഹാബേലെല്ലാത്തവണയും ദൈവത്തിനായിട്ട് യാഗം കഴിക്കുമ്പോഴൊക്കെ അവനൊരു ബോധ്യമുണ്ടായിരുന്നു എന്താ ഞാൻ എന്തു ചെയ്യരുത് ഞാനിതിൻ്റെ മേധസ്സിൽ നിന്ന് എനിക്കായിട്ട് ഒന്നും മാറ്റി വയ്ക്കരുത് അവനത് പൂർണ്ണമായിട്ട് അത് ചെയ്തു അതുകൊണ്ട് എന്ത് ചെയ്തു ഏഹോ വാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് എന്നാൽ നമ്മൾ ലേവിയ പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഈ ദൈവത്തിൻ്റെ പ്രമാണം പിന്നീട് ദൈവം നൽകിയതിന് ശേഷം നടന്ന ഒരു യാഗത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അതെന്താ ഒന്നിശമുഖലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്നിശമുകൽ രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൽ ഏലിയുടെ മക്കളുടെ കാര്യം പറയുന്നുണ്ടല്ലോ അവരെന്ത് ചെയ്തു രണ്ടിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഏലി പുരോഹിതൻ്റെ മക്കൾ അവരെ രണ്ടിൻ്റെ പതിനഞ്ച് മേധസ്സ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതൻ്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നതിനോട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ അപ്പം അവൻ പറയും മേധസ്സ് ദഹിപ്പിച്ചു അല്ല അല്ല എന്ന് പറഞ്ഞ് കണ്ടോ ആ നമുക്കറിയാവുന്ന ഭാവമേ ഞാൻ പറഞ്ഞു വന്നു എന്നുള്ളതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഹാബേല് ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചു എന്നാ ഇവിടെ ഏലിയുടെ മക്കൾ വന്നപ്പോൾ അവരെന്ത് ചെയ്തു അവർ അതിൽ നിന്ന് അതിൽ നിന്ന് അവർ അവർക്കായിട്ട് ചിലത് എടുത്തു ഇവിടെ നമ്മൾ ലേവ്യാ പുസ്തകത്തിൽ വായിച്ചു നിങ്ങളെന്തു ചെയ്യരുത് മേധസ്സൊക്കെ യഹോവയ്ക്കുള്ളതാകുന്നു ഇത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ അത് പുതിയ ഉടമ്പടിയിലേക്ക് നീണ്ടുവരുന്ന ചട്ടം ഇന്ന് നമ്മളാരും യാഗമൊന്നും കഴിക്കുന്നില്ലല്ലോ പിന്നെന്താ ഈ മേധസ് നമ്മളെടുക്കാനുള്ള സാധ്യത നമ്മൾ യാഗം കഴിക്കുന്നില്ല അക്ഷരാർത്ഥത്തിൽ നമ്മൾ യാഗം കഴിക്കുന്നില്ല എന്നാൽ നമുക്ക് പുതിയ നിയമവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ മഹത്വം കാണുകയും ആ മഹത്വത്തെ സ്പർശിക്കാൻ നമ്മൾ പേടിയുള്ളവരായിരിക്കുകയും ചെയ്യണം ഹാബേലിനെ പോലെ മുഴുവനും ദൈവത്തിനായിട്ട് അർപ്പിക്കുന്ന അതിൽ നിന്ന് നമുക്കായിട്ടൊരു ഗ്ലോറി നമുക്കായിട്ടൊരു മഹത്വം എടുക്കാനായിട്ട് പാടില്ല നമ്മൾ പാടിയ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ് അടുത്ത സ്റ്റാൻസോ അതിൻ്റെ അടുത്ത സ്റ്റാൻസ് നിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ ഏഹ് ഒത്തിരി വേല വേല എന്നുള്ള കാര്യം ഇന്ന് സിംഗിൾ ഇൻവെർട്ടഡ് കോമാലിട്ട് പറയും ഞങ്ങൾ നിൻ്റെ പേരിൽ ചെയ്യുന്ന ഒത്തിരി വേല ചെയ്യുന്നല്ലോ ഇന്ന് ഒത്തിരി ദൈവത്തിൻ്റെ പേരിൽ ഒത്തിരി വേല ചെയ്യ വേല ഞാനതിനെ തുച്ഛേരിച്ച് പറയല്ല പക്ഷേ പലയിടത്തും ഈ വേലയൊക്കെ നമ്മൾ അടുത്ത് ചെന്ന് കാണുമ്പം വേണ്ടി മാത്രമാണോ ഈ വേല അല്ല അത് ചെയ്യുന്ന ആളുകൾക്കും അതിലും അവർക്കും അതിൻ്റെ അകത്തൊരു മഹത്വമുണ്ട് നമ്മളിതിൽ നിന്നൊക്കെ മാറി ഓ ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി അതിൽ മാറി ഞങ്ങൾ സി എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മളിതിനെക്കുറിച്ച് നിരന്തരം ഗാഡഡ് ആയിരിക്കണം നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ മഹ മുഴുവൻ മഹത്വവും ദൈവത്തിനുള്ളതാണ് നമുക്ക് നമ്മളെക്കുറിച്ച് എന്താ പുകഴാനുള്ളത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരുണയാൽ ഈ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വന്നു എന്നല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ എപ്പിസ്കോപ്പൽ സഭയിലൊക്കെ ഈ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ ചില പാട്ടുകളൊക്കെ ഉണ്ട് ഏഹ് അവരുടെ ചൊല്ലുമെല്ലാം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് നിൽക്കരുത് അതിൻ്റെ ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ചില ആശയങ്ങളുണ്ട് ഇരമയാവിൻ്റെ പുസ്തകത്തിൽ ഇരമയാവിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ നിന്ന് ഒൻപതാം അധ്യായത്തിലെ ഒരു ഭാഗമുണ്ടല്ലോ വളരെ മനോഹരമായ ഒരു ഭാഗമാണ് ഇരമയാവൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഞാൻ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തൻ്റെ തനത്തിലും പ്രശംസിക്കുന്നവനോ യഹോ ഇത് ചിലപ്പോൾ നമ്മൾ എപ്പിസ്കോ സോളുടെയൊക്കെ ചില ശവസംസ്കാരത്തിന് ചെല്ലുമ്പോൾ അവരൊരു മനോഹരമായ പാട്ടായിട്ടിടയ്ക്ക് പാടിയിട്ടുണ്ട് ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവൻ ഏ പ്രിയപ്പെട്ടവർ അതിൻ്റെ പൊരുൾ നമ്മൾ കണ്ടെത്തിക്കണം എന്താ വേണ്ടത് നമ്മൾ ചില രംഗത്ത് നിൽക്കുമ്പം നമ്മൾ പറയും ഓ ഞാനും മണ്ടൻ എന്നൊക്കെ സ്വയം പറയുമെങ്കിലും ചിലടത്ത് നമുക്ക് തോന്നും ഞാനത്ര മണ്ടനൊന്നുമല്ല ഞാനരാ ഞാനൊരു ജ്ഞാനിയാണ് ധനവാൻ ധനവാനെന്താ ഒത്തിരി കാര്യങ്ങളിൽ അവന് സമ്പത്തുണ്ട് സമ്പത്തെന്ന് പറയുമ്പോൾ എപ്പോഴും പണവുമായി ബന്ധപ്പെട്ട് മാത്രമാ സമ്പത്തെന്ന് കരുതല്ലേ കഴിവുകളുള്ള ആളുകൾ നന്നായിട്ട് സംസാരിക്കാവുന്ന ആളുകൾ നല്ല കഴിവുകളുള്ള ആളുകൾ അവര കാര്യത്തിൽ എന്താ ധനവാന്മാരാ പക്ഷേ അത് കഴിഞ്ഞു നമ്മൾ നോക്കുമ്പോൾ ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് ഞാൻ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ധനവാന് തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രിയപ്പെട്ടവരെ ബലവാൻ ചില രംഗങ്ങളിൽ ചില രംഗങ്ങളിൽ സാധു സഹോദരി ഒന്നും ഇല്ല പക്ഷേ അവളുടെ അടുക്കളയെന്ന് പറയുന്ന അവളുടെ സാമ്രാജ്യത്തെ ചെല്ലണം അത് ചില രംഗങ്ങളിൽ ചില ബലമാണ് ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത് അവിടെ കണ്ടോ എവിടെയാണ് പ്രശംസിക്കാനുള്ളത് കർത്താവിലേ ഉള്ളു എഴുപത് ഏറെ ആയാലെപത് എന്ന് പറഞ്ഞത് ഞാൻ ഇന്നാളില് ഇവിടെ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാനൊരു കണക്കുകൂട്ടി കണക്കുകൂട്ടി എൺപത് വർഷം എൺപത് വർഷം ഉണ്ടെന്നിരിക്കട്ടെ എൺപത് വർഷം നമുക്കിനിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര ദിവസമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ ഇരുപത്തിയൊൻപതിനായിരം ദിവസമേ ഉള്ളൂ ഇരുപത്തൊൻപതിനായിരം ദിവസമേ ഉള്ളൂ ഇരുപത്തൊമ്പതിനായിരം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി ഉണ്ടെന്ന് ഇരുപത്തൊമ്പതിനായിരം രൂപ നമ്മുടെ കൈവശം ഉണ്ടെന്നിരിക്കട്ടെ ഈ ഇരുപത്തൊമ്പതിനായിരം രൂപ നമുക്ക് ചിലവഴിച്ച് തീർക്കാൻ എത്ര സമയം മതി വളരെ വേഗത്തിൽ അങ്ങ് തീർന്നു പോകും കഴിഞ്ഞ ഒരു ദിവസം സഹോദരന്മാരെല്ലാം കൂടെ കൂടി ബ്രദറിന് അറുപത് വയസ്സായി ഞാൻ വിചാരിച്ചു ശരി ഇനി ഒരു പത്ത് വർഷം കൂടെ തമ്പരാൻ തന്നിരിക്കട്ടെ പത്തു വർഷം പത്തു വർഷം തന്നാൽ എത്ര ദിവസമുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ദിവസമേ ഉള്ളൂ പോട്ടെ ഇരുപത് വർഷം തമ്പുരാൻ തന്നിരിക്കട്ടെ എത്ര ദിവസമേ ഉള്ളൂ ഏഴായിരത്തി മുന്നൂറ് ദിവസമേ ഉള്ളൂ അതിനെ രൂപയായിട്ട് കണക്ക് പോട്ടെ നമ്മുടെ കയ്യിലൊരു മൂവായിരത്തി രൂപയുണ്ട് അത് എത്ര വേഗം ഇന്നിപ്പം നമ്മൾ വന്നു ഇതെല്ലാം നടത്തി ഉച്ചയ്ക്ക് കഴിച്ചു മൂവായിരത്തി അറുന്നൂറ്റമ്പതി ഒരു ദിവസം പോയേ ബാക്കിയല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് പുല്ല് വാടി പൂ ഉതിർന്നു പോയി കണ്ടോ ആ ഭാഗം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എത്ര വേഗത്തിൽ ഒരു പൂവിങ്ങനെ ഉതി ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്നു നമ്മൾ പോകുമ്പോൾ പൂവ് എന്ന് വിചാരിക്കും അതിലെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പൂവിനെ കാണുകയില്ല അതെന്തോ പറ്റി അത് വാടിപ്പോയി പുല്ല് അത് പൂ ഉതിർന്നു പോയി പുല്ല് വാടിപ്പോയി മനുഷ്യജീവിതത്തെ അതിനോട് ആ താത താരതമ്യപ്പെടുത്തിയിട്ടാണ് ഈ രമ്യാവിൻ്റെ പുസ്തകത്തിലേത് വായിക്കേണ്ടത് ബലവാൻ തൻ്റെ ബലത്തിൽ തനവാൻ തൻ്റെ തലത്തിൽ ഞാൻ തൻ്റെ ജ്ഞാനത്തിൽ ആരിലേ പ്രശംസിക്കാനുള്ളൂ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം താഴ്മയിൽ നടക്കും എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ നമ്മൾ ചിലപ്പം ആരെ ഈ അഭിപ്രായം പറയുന്ന ആളിനെ ഒന്ന് നേരി കാണാൻ ചെന്ന കേട്ട് അഞ്ചിരടി നേ അമ്പത്തിരണ്ട് കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മൂവായിരത്തി ദിവസം കഷ്ടിച്ചുള്ള ഒരാൾ അദ്ദേഹം പറയുന്നത് എന്താ എനിക്ക് അതിനെക്കുറിച്ചുള്ള സുചിന്തിതമായ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ എന്തോ അഭിപ്രായം ഒരു ഡെങ്കിപ്പനിക്ക് അത്രയല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവര് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പത്ര ദിവസം പറഞ്ഞ കാര്യം തന്നെയാ പറഞ്ഞത് പുല്ല് വാടിപ്പോവും പൂവ് ഉതിർന്നു പോകും അതുകൊണ്ട് നിൻ്റെ പുതിയ കാറയിൽ പ്രശംസിക്കണ്ട നിൻ്റെ പുതിയ മൊബൈലിൽ സോരി ആ കുഞ്ഞെ നിനക്ക് പ്രശംസ വേണ്ട കാര്യം അതൊന്ന് കയ്യിൽ നിന്ന് വീണാൽ തീർന്നു ഈ പിള്ളേരൊക്കെ മൊബൈലിൽ എടുത്തുകൊണ്ട് പോകുന്ന കണ്ട എന്തോ മഹത്തായ കാര്യം പോലെ കയ്യിൽ നിന്നൊന്ന് വീണാ തീർന്നു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇതെല്ലാം താപരാനെന്തിനാണ് ഈ മൊബൈലൊക്കെ നമുക്ക് തന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ നിസ്സാരത നമ്മളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്ന് വീണാ തീരാനെന്ന ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നേക്കുന്നു അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളൂ എന്താ ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയാൽ അത് മാത്രമേ നിത്യതയിൽ വിലപ്പോവുകയുള്ളൂ നമ്മൾ യേശാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഈ ദൈവം നമ്മുടെ നമ്മുടെ ഒന്നുമില്ലായ്മ ദൈവത്തിനെ അറിയാം ദൈവത്തിന് എന്തുണ്ട് നമ്മളോട് കരുണയുണ്ട് അവിടുന്ന് കണ്ടോ ആ നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കാൻ എനിക്ക് ഒന്ന് മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാൽ സമയ ചുരുക്കം കൊണ്ട് അതിൻ്റെ ഏഴാമത്തെ വാക്യം നോക്കാം എൻ്റെ പുത്രിമാരെയും എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിനായി വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക ഞാൻ കൽപ്പിക്കും അദ്ദേഹം പറയാം ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോ വൈപ്രകാരങ്ങളിൽ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെയിരിക്കും നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയേയില്ല അഗ്നിഞ്ചാലം നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല ഞാൻ മിശ്രമിനെയും നിനക്ക് പകരം കൊടുക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മഞ്ഞനുമാകുന്നു ഞാൻ നിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ പറു വന്നിട്ട് അത് പറയുക ഞാൻ ഈ ജനത്തെ അല്ലെങ്കിൽ നമ്മെ നമ്മൾ നമ്മളെ ഈ ഈ നാൽപ്പത്തി മൂന്നിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നോക്ക് എവിടെയൊക്കെയാണ് അടിവര കിടക്കുന്നത് അടിവരയൊക്കെ നമുക്ക് വാഗ്ദാനങ്ങളിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കും അടിവര ആ ഞാ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അടിവര ആ നീ നദിയിൽ കൂടെ കിടക്കുമ്പോൾ നിൻ്റെ മീതെ കവിയല്ലേ കൊള്ളാം പ്രൈസലോൺ അടിവര എന്നാ നമുക്ക് കിട്ടാനുള്ളതിനെല്ലാം നമ്മൾ അടിവരെ ഇടും എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഭാഗത്തിന് അടിവരയുണ്ടോ ഇതെല്ലാം എന്തിനു വേണ്ടിയാ എൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ പൊരുൾ വരുന്നത് എന്താ എൻ്റെ മഹത്വത്തിനായിട്ടാണ് കുഞ്ഞെ മോനെ നിന്നെ സൃഷ്ടിച്ചേക്കുന്നത് ഏ എന്ന് ആണ് തമ്പരാൻ പറയുന്നത് നമുക്കെങ്ങനെ അവിടുത്തെ മഹത്വമാകാൻ നമ്മുടെ മഹത്വത്തെ നമ്മൾ സ്പർശിക്കാതെ അല്ലെങ്കിൽ നമ്മളായിട്ടൊരു മഹത്വം എടുക്കാതെ ദൈവത്തിന് മഹത്വം മുഴുവൻ നമ്മുടെ ജീവിതത്തിലൂടെ കൊടുത്ത് ആ നിലയിൽ താഴ്മയിൽ നിൽക്കുമ്പോൾ നമ്മളെന്തായിരിക്കും നമ്മൾ അവിടുത്തെ മഹത്വമായിരിക്കും ദൈവത്തിൻ ദൈവം കരുതും ഇവൻ എൻ്റെ ഗ്ലോറിയാണ് നമ്മളിതേ വരെ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞ് മറ്റ് പല കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ സഹോദര സഹോദരി ഞാനും നീയും ദൈവത്തിൻ്റെ മഹത്വം ദൈവം അതാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതിനായിട്ടാണ് ഭൂമിയുടെ അറ്റത്തുനിന്ന് നമ്മളെ വിളിച്ച് കൊണ്ടുവന്നത് എന്നിട്ട് പെട്ടെന്ന് അങ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മഹത്വം ആകുകയില്ല കാരണം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും ഇതിനായിട്ടൊരു വില കൊടുത്ത് ഈ വഴി നടക്കുന്ന ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഏഴാമത്തെ വാക്യം എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഞാൻ വിചാരിച്ചു ഇത് തന്നെ യേശയവിന് ലാംഗ്വേജ് അത്ര പിടിയില്ലാത്ത ഒരാളാണ് ഏ ഒന്നീ പറയണം സൃഷ്ടിച്ചെന്ന് പറയണം അല്ലേ പറയണം നിർമ്മിച്ചെന്ന് പറയണം അല്ലേ പറയണം ഉണ്ടാക്കിയെന്ന് പറയണം ഇതെന്തു ഈ പറയുന്നത് ഇവിടെ പറയുന്ന സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കി സഹോരാ സഹോരി എന്താ ഇതൊരു പ്രോസസ്സാണ് പ്രോസസ്സാണ് ഞാൻ നീ ആദ്യം ഇതിലേക്ക് വന്നുമ്പം ദൈവത്തിൻ്റെ മഹത്വം ഞാനായിട്ട് ദൈവത്തിനായിട്ട് സഹോരൻ പറഞ്ഞല്ലോ ഏഹ് ചെറുപ്പക്കാരൻ കോളേജിൽ പഠിക്കുന്നു സുമുഖൻ പാട്ട് പാടാനറിയാം ആ പറയുക ഞാന് ഇനി മുതൽ എന്താ ഇനി മുതൽ ക്രിസ്ത്യൻ പാട്ട് മാത്രമേ പാടുള്ളൂ ഓക്കെ ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പം തപ്പുരാൻ ആ കാര്യത്തെ പിടിച്ചു ക്രിസ്ത്യൻ പാട്ട് പാടുമ്പോഴും നിന്റെ കണ്ണ് ഏതിലാ നിന്റെ മഹത്വത്തിലാണോ പതുക്കെ പതുക്കെ നമ്മളൊരു പണി ചെയ്യുക പണി ചെയ്യുക സൃഷ്ടിച്ച് നിർമ്മിച്ച് ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ എ ഫേസിർ കെതി ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് അവിടെ എന്താ നമ്മളെന്താകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നിൻ്റെ ആറാമത്തെ വാക്യം ഫേസ്യർ ഒന്നിൻ്റെ ആറ് അവൻ നമുക്ക് സൗജന്യമായി നൽകി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവിടെ പറയുന്നത് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു അതെല്ലാം തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടത് ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല സഹോദര സഹോദരി എൻ്റെയും നിൻ്റെയും ജീവിതത്തിലൂടെ ദൈവത്തിന് ആ മഹത്വം കിട്ടണ്ടേ ആ കൃപാമഹത്വത്തിൻ്റെ നമ്മളെ ഇങ്ങനെയെല്ലാം കൊണ്ടുവന്ന് സൗജന്യമായിട്ട് നമുക്ക് ചിലത് ചെയ്തു നമ്മളെ മുൻനിയമിച്ചു തെരഞ്ഞെടുത്തു ഇതെല്ലം എന്തിനാ ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വത്തിന് ഗ്ലോറിക്ക് വേണ്ടിയാണ് അത് ചെയ്തത് അതിൻ്റെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും ആ കാര്യം ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകണം നമുക്കെങ്ങനെയാ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകാൻ ഒക്കുന്നത് നമ്മൾ ആ കാര്യങ്ങളാണ് കേട്ടോണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുക്കുക റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാമ അധ്യായത്തിൽ നമ്മളെ ചിന്തിച്ചല്ലോ എന്താ വേണ്ടത് നമ്മൾ നമ്മുടെ ശരീരാംഗങ്ങളെ നമ്മൾ ദൈവത്തിനായിട്ട് യാഗമായിട്ട് സമർപ്പിക്കുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിനായിട്ട് നൽകുന്നു ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ഇങ്ങനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ചിലപ്പം നമ്മൾ ആ ദൈവത്തെ അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് നമ്മൾ മുൻകൈ എടുക്കുമ്പോൾ എന്തോ പറ്റി ദൈവത്തിന് പുകഴ്ചയല്ല ദൈവത്തിൻ്റെ ആ മഹത്വമല്ല ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ സ്പർശിക്കുക ചെയ്യുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ സ്പർശിച്ച ഏലിയുടെ മക്കളെ എന്തോ ചെയ്ത് ദൈവം ഉടനെ തന്നെ ന്യായം വിധിച്ചു പക്ഷേ ഇത് കൃപാകാലമായോണ്ട് ദൈവതമ്പരാൻ എന്തോ ചെയ്യുന്നില്ല എന്തോ ചെയ്യുന്നില്ല ആ നിലയിൽ ഉടനെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും നമുക്കിതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരിക്കണേ ദൈവത്തിൻ്റെ കരുണയാ ആ നിലയിൽ ഗൗരവമായിട്ട് ഇടപെട്ടില്ലെങ്കിലും ഞാൻ ഭയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കണം ഈ ജീവിതം ഭയത്തോടും വിറയിലോടും കൂടെ നമ്മുടെ ജീവിതം ജീവിക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ എവിടെയാണ് ഭയം വരുന്നത് എവിടെയാ വിറയിൽ വരുന്നത് ദയവേ ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ കൃപയ്ക്ക് കൃപ മഹത്വത്തിനായിട്ടാണ് അവിടുത്തെ പുകഴ്ചയ്ക്കായിട്ടാണ് എന്നെ വിളിച്ച് നിർമ്മിച്ച് സൃഷ്ടിച്ചുണ്ടാക്കിയതും എല്ലാം ഇതിനു ഞാൻ എൻ്റേതായിട്ട് ഈ കടിഞ്ഞാണേറ്റെടുക്കുമ്പം നിന്നെ സിംഹാസനത്തേ നിറക്കി ഞാൻ ആ സിംഹാസനത്തെ കയറിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അവയവങ്ങളെ എൻ്റെ ഇഷ്ടത്തിനായിട്ട് ഉപയോഗിക്കുമ്പം ഞാൻ ആത്മീയം എന്ന് പേര് പറയുന്ന കാര്യങ്ങളിൽ തന്നെ അതിലിടപെട്ടുകൊണ്ട് തന്നെ ഒരു മഹത്വം ആഗ്രഹിക്കുമ്പം നല്ല പാട്ട് പാടാൻ അറിയാവുന്ന ആളുകളും ഉപകരണം വായിക്കാൻ അറിയാവുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിച്ചോണം എല്ലാ കാര്യങ്ങളും ദൈവന്തം പുര നമ്മളെ ഓരോരുത്താക്കിയിരിക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം ഇതിലൂടെ ഒക്കെ നമ്മൾ നമ്മൾ ദൈവത്തിന് കിട്ടേണ്ട ഒരു മഹത്വം ഞാൻ മുഴുവം എടുക്കുന്നില്ല തമ്പുരാനാ ഒരു എഴുപത് ശതമാനം പക്ഷേ ഒരു മുപ്പത് ശതമാനം എനിക്കൂടെ കാര്യം നിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന വേലകൾ പ്രിയപ്പെട്ടവർ നമുക്ക് അനുതാപത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നിരന്തരം അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകതയൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളോടൊക്കെയുള്ള അടുത്ത അടുത്ത് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഉത്തമമായത് ചെയ്തേച്ചും നമ്മൾ ഈ നിലയിൽ സത്യസന്ധരാണെങ്കിൽ നമുക്കെന്താ അനുദിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞത് ഏറ്റവും നല്ല ദൈവത്തെ തന്നെ ഉയർത്തിയത് പക്ഷേ അവിടെ ആ പ്രയോഗത്തിനിടയിൽ ആ വർത്തമാനത്തിനിടയിൽ അല്ലെങ്കിൽ ആ മനോഭാവത്തിൽ ഞാൻ എനിക്കായിട്ട് ചിലത് ചില പ്രശംസകൾ കാത്തുവച്ചോ ആ ശമുവേലിൻ്റെ ഒന്ന് ശമുവേലിൽ നമ്മൾ കണ്ടത് അത് ചെയ്താ ആ നിലയിലുള്ള ആളുകളെ ദൈവം തമ്പരാന ഏലി ഏലിയുടെ മക്കളോട് കരുണ കാണിച്ചില്ല ഇന്ന് കൃപാകാലമായതുകൊണ്ട് ദൈവം കരുണ കാണിക്കുന്നു ഇത് തലമുറയായിട്ട് നിനക്കെന്തേക്കുമുള്ള ചട്ടം ലേവിയർ മൂന്നിൻ്റെ പതിനേഴാണ് നമ്മൾ പറഞ്ഞത് എന്താ മേധസ്സേൽ തുടരുത് മേധസ്സേ തുടരുത് അപ്പോൾ മേധസ് എവിടാ മേധസ് എല്ലായിടത്തും നമ്മുടെ ഹോൾ ജീവിതമാണ് ചിലരിന്ന് അതിനു വേണ്ടി ഒരു സൗകര്യം കണ്ടെത്തിയിട്ടുണ്ട് എന്താ ഞായറാഴ്ചത്തെ ആ മീറ്റിങ്ങിലാണ് ഈ മേധസ്സും കാര്യമെല്ലാം ബാക്കി തിങ്കൾ മുതൽ ശനി വരെ അവനവൻറ്റേതായ ജീവിതം ജീവിച്ചേച്ച് ഞായറാഴ്ച അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മുടെ കണ്ടോ നമ്മൾ വായിച്ച വാക്യങ്ങളിലേക്ക് വരിക നമ്മളെ എങ്ങനെയുള്ളവരെയാണ് ദൈവം നദി അവൻ്റെ തലയിലൂടെ കടക്കാതെ അവനെ മീതേ കവിയാതെയും അഗ്നിജ്വാല അവനെ ദഹിപ്പിക്കാതെയും ഇരിക്കുന്നത് ആരെ ആർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും അതിൻ്റെ ആ വാഗ്ദാനങ്ങളുടെ അടിയിൽ വരയിടും പക്ഷേ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ ആ നിലയിലുള്ള സംരക്ഷണം അവകാശപ്പെടാനായിട്ട് ഒക്കുന്നത് പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ഉണ്ടല്ലോ നമുക്ക് കേട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്നതാപത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരാം ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു എഫ് ലേഖനം നമ്മൾ ആ സമയമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു സഹോരസഹോരി നീ ഞാനും ഒരു യാദൃച്ഛികതയാണ് എന്ന് കരുതല് ഇങ്ങനെയൊക്കെ വന്നു ഇവിടെ അങ്ങ് വരാനിടയായി അങ്ങനെയല്ല അങ്ങനെയല്ല ഇതെവിടെയാണ് തുടങ്ങിയത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനും മുമ്പാണ് തുടങ്ങിയത് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മളെ സ്നേഹിച്ചു ഇന്നലെ കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങായിരുന്നു കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിനോട് സവന്മാർ പറഞ്ഞത് ഈ ജീവിതത്തിന് ഈ നിലയിലൊരു ലക്ഷ്യം ഒരു പർപ്പസ് കണ്ടെത്തണം അത് ഈ ധനം കൂടുതൽ സമ്പാദിക്കുന്നത് ലക്ഷ്യമാക്കി വെച്ചാൽ എന്താ ധനവാന് തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത് അത് പാടിപ്പോകും ബലം ഇന്ന് ലോകം വലുതെന്ന് കാണുന്ന പല കാര്യങ്ങളും നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാൾ ബുദ്ധിയുള്ള ചെറുപ്പക്കാരനെന്ത് വേണം അവൻ നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കണം ആ ലക്ഷ്യത്തെ മുൻനിർത്തി ജീവിക്കുമ്പോൾ അതിനായിട്ടാണ് ഇവൻ നമ്മളെ വിളിച്ചേക്കുന്നത് ആ ലക്ഷ്യത്തോട് പൂർണ്ണമായിട്ട് നമ്മൾ നിൽക്കുമ്പം നമ്മളെന്തായിത്തീർന്നു നമ്മുടെ ജീവിതം അവൻ്റെ മഹത്വമായിത്തീർന്നു അവൻ്റെ പ്രശംസയായിത്തീർന്നു അല്ലെങ്കിലോ അങ്ങനെ ആയില്ലെങ്കിലോ ആയില്ലെങ്കിൽ പ്രശംസയല്ല ദൈവത്തിൻ്റെ പ്രശംസയല്ല സഹോര സഹോരി നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുകയും നമുക്ക് ദൈവത്തോട് പറയുകയും ചെയ്യാം ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കണ്ടുകഴിയുമ്പോൾ സത്യത്തെയും നമുക്ക് ഒരു വാക്യമേ പറയാനായിട്ട് ഉള്ളൂ സഹോനത് വായിച്ചു ഹോമർക്കെഴുതി ലേഖനം പതിനൊന്നാമത്തെ അധ്യായം നമുക്ക് ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം ഒടുവിലത്തെ വാക്യം സകലും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ അവന് എന്നേക്കും മഹത്വം ഗ്ലോറി ആമി മതി ഇത്രയും മതി ഇത്ര പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ ദൈവം ചെയ്ത കാര്യങ്ങളെ നമുക്ക് ഓർക്കാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ഇന്ന് വീണ്ടും കറുത്ത മേശയുടെ മുമ്പിൽ നമ്മളായിരിക്കുന്നു ഹാല ലൂയ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാം ദൈവം പല കാര്യങ്ങൾ തന്നു എന്നാൽ അതൊക്കെയും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കേണ്ടിയാണ് ദൈവം തന്നത് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ